സിസാരമാഗവത്പാദ <laughs> ഹമ നവപ്രസ സപ്തിപാശി പ്രോണ്ടി ഹമ നവപുനപന ഇഷോ ഇഹാം യമ യഹാം ഇഷു തൃതീരമനോധിഷരീര <laughs> <laughs> <laughs> <laughs> <laughs> <laughs> പ്രിയ പ്രിഖ്യപതിരസ്വസന്ത പ്രിശരം സ്തിഷ്ടോ വിനശമേവാദോ തദവ്യപന്ന പ്രിയ അപ്രിയങ്ങളും സ്പർശിക്കുന്നില്ല ഞാനിയെ അപ്രിയ സ്പർശിക്കുന്നില്ല പക്ഷെ പ്രിയെ സ്പർശിക്കുന്നില്ല അപ്രിയവും സ്പർശിക്കുന്നില്ല പ്രിയവും സ്പർശിക്കുന്നില്ല െങ്കിൽ പ്രിയമായിരിക്കണം അല്ലെങ്കിൽ അപ്രിയമായിരിക്കണം ഇത് രണ്ടുമില്ലെങ്കിൽ എന്താണ് സുഷുപ്ത അത് സുഷുപ്തസ്ഥനെ പോലെ ഉറക്കം പോലെ ആകും കാരണം ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ ഉറക്കമാണ് ഉറക്കത്തെ കുറിച്ച് എന്താണ് ഇന്ദ്രൻ പറഞ്ഞത് എല്ലാം നശിക്കുന്നു അതൊരു നാശമായിട്ടാണ് ഒന്നുമില്ലാത്ത ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇവിടെ പറയുന്ന അവസ്ഥ അതും ഇതുപോലെ പ്രിയവും അപ്രിയവും ഇല്ലാത്ത പോലെ വിനാശം ഒന്നും അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥ അതേ വൈഹാപ്പി മുക്തനെ സംബന്ധിച്ചതുപോലെയാവും കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടോ സുഹൃത്തിയെ ജീവഭാവമില്ലാത്ത ജീവപരഭേദമില്ലാത്ത അവസ്ഥയായി കാണിക്കുമ്പോൾ അതിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് എല്ലാം നശിച്ചതൊന്നും ഒന്നുമില്ലാത്തതൊന്നും അതുപോലെ ആകുമോ ഈ പറയുന്ന മുക്തി വിനാശമേവ അപീത്തോഭൂമി ഒരു വിനാശം പോലെ പറയുന്നത് മേശദോഷം അങ്ങനെയല്ല ധർമാധർമ്മകാര്യവും ശരീരസംബന്ധനോ പ്രിയാപ്രിയവും പ്രതിഷേധ സുരക്ഷിതം ഇവിടെ പ്രിയാപ്രിയങ്ങളെന്ന് പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ ശരീരസംബന്ധിയായിട്ടുള്ളതാണ് പുണ്യപാപകാര്യമാണ് അതിന്റെ നിഷേധമാണ് ഇവിടെ പറയുന്നത് അശരീരം എന്ന പ്രിയപ്രിയ സ്പർശത ഉണ്ടോടെ എടുത്തു പറയുന്നതാണ് അശരീരം അശരീരനായവൻ ശരീരത്തിലിരിക്കുന്നെങ്കിലും ശരീരമില്ലാത്തവനായി അതാണ് ഉദ്ദേശിക്കുന്നത് പ്രിയാപ്രിയങ്ങൾ ഉണ്ടെങ്കിലും പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്തവനായി ഇല്ലെങ്കിൽ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നുണ്ടോ എന്താണ് അത് വിനാശത്തെ പ്രാപിച്ചത് അവിടെ പ്രിയാപ്രിയം ഇല്ല ശരീരവും ഇല്ല എല്ലാം വിനാശത്തെ പ്രാപിച്ചിരിക്കുന്നു ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഇവിടെ ശരീരം പ്രിയാപ്രിയങ്ങൾ അതൊന്നും അവനെ സ്പർശിക്കുന്നില്ലെന്നാണ് അതെങ്ങനെയുള്ള ആഗമാർ സൗദൃപ്രകൂത പ്രദർശന പ്രിയസ്പർശം അപ്രിയസ്പശ് സ്പർശം എന്ന് പറയുന്നത് വന്നുപോകുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഉദാഹരണം പറയുന്നത് ഉഷ്ണസ്പർശ ശീതസ്പർശം അനുഭവപ്പെടുന്നു ഉഷ്ണസ്പർശം അനുഭവപ്പെടുന്നു ചൂടും തണുപ്പും അനുഭവപ്പെടുന്നു ഇത് അഗ്നി ഉണ്ടെങ്കിൽ ഉഷ്ണമനുഭവപ്പെടും ഹിമ ഉണ്ടെങ്കിൽ ശീതം അനുഭവപ്പെടും ഇല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് ആകെ മാപായകളാണ് വന്നു ഇത് ഇന്നത്തും അഗ്നേ ഉഷ്ണപ്രകാശയോ സ്വഭാവഭൂതയോ അഗ്നിയുടെ ഉഷ്ണവും പ്രകാശവും പോലെയല്ല അത് അഗ്നി തന്നെയാണ് അഗ്നിക്ക് ചൂടിന്റെ സ്പർശമില്ല ഭീമത്തിന് ശീതത്തിന്റെ സ്പർശമില്ല എന്തുകൊണ്ട് അതിൽ സ്വഭാവമാണ് രണ്ടും വ്യത്യാസമുണ്ട് നമ്മുടെ ശീതസ്പർശങ്ങൾ ആഗമാഭാഗിയായിരിക്കുന്ന ശീതസ്പർശങ്ങൾ അയാളെ ബാധിക്കുന്നുണ്ട തഥാഗ്നേഹി സൗദൃവാ ഉഷ്ണപ്രകാശവത് സർവഭൂതം വിജ്ഞാനമാനന്ദം ബ്രഹ്മ ആനന്ദോ ബ്രഹ്മ ഇത്യാദി ശ്രദ്ധാഭൂമി സുഖം രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് സുഖദുഃഖങ്ങൾ തത്വജ്ഞനം പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ തത്വജ്ഞാനത്തിൻ്റെ ഫലം ഉറക്കം പോലെയാണോ വിനാശമാണോ എല്ലാം അവിടെ ഒന്നും അറിയുന്നില്ലല്ലോ അവിടെ എന്തെങ്കിലും അറിഞ്ഞതായിട്ട് നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല സുപ്രിയെക്കുറിച്ചുള്ള അനുഭവം എന്താണോ ഒന്നും അറിഞ്ഞില്ല ജാഗ്രതങ്ങനെ സ്മരിക്കാൻ കഴിയുന്നുള്ളൂ അതുപോലെയാണോ ഇവിടെ അല്ല എന്ന് പറയുന്നത് ഇവിടെ ഈ വന്നുപോകുന്ന സുഖദുഃഖങ്ങൾ അതവനെ സ്പർശിക്കുന്നില്ല പക്ഷെ സവിത ഉഷ്ണപ്രകാശവും സ്വരൂപസ്യ ആനന്ദ സ്യ പ്രിയ സ്നേഹപ്രതിഷേധം പക്ഷെ അവൻ സ്വയം പ്രിയസ്വരൂപനാണ് ആനന്ദ സ്വരൂപനാണ് അതിനെ നിഷേധിക്കുന്നില്ല വന്നുപോകുന്ന സുഖദുഃഖങ്ങളെയാണ് നിഷേധിക്കുന്നത് സവിത ഉഷ്ണപ്രകാശ സൂര്യന്റെ ഉഷ്ണം പോലെ ചൂടുപോലെ സൂര്യന്റെ പ്രകാശം പോലെ ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം അതിനും നിഷേധിക്കുന്നുണ്ട് നേഹപ്രതിഷേധ എന്തുകൊണ്ട് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ശ്രുതി എന്ന് പറയുന്നത് അത് വിജ്ഞാനമാണ് ആനന്ദമാണോ ആനന്ദോ ബ്രഹ്മ ആനന്ദത്തെ നിഷേധിച്ചാൽ അത് ആത്മാവിനെ നിഷേധിക്കുകയാണ് അതിനും നിഷേധിക്കുന്നില്ല ഇവിടെയും പറഞ്ഞെന്താണ് ഭൂമ അത് സുഖമാണ് അതൊരിക്കലും സുഹൃത്തിയെ കുറിച്ചുള്ള നമ്മുടെ ബോധം പോലെയുണ്ട് സുഹൃത്തി നമ്മളറിയുന്നത് സുഹൃത്തി അവസ്ഥ ഇവിടെയെല്ലാം പ്രപഞ്ചാനുഭവം എല്ലാം അവിടെ നിലച്ചിരിക്കുന്നു ഇതങ്ങനെയല്ല പ്രപഞ്ചാനുഭവമുണ്ട് ആ പ്രപഞ്ചാനുഭവം ഉണ്ടായിരിക്കെ തന്നെ അവിടെ പ്രിയപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല പിന്നെ അവിടെ എന്താ ശേഷിക്കുന്നത് അത് സുസ്വരൂപമായ ആനന്ദം അനുഭവിക്കുന്ന ആനന്ദമല്ല അനുഭവ വിഷയമായ ആനന്ദമല്ല അങ്ങനെ പറയുമ്പോൾ വീണ്ടും സംശയമുണ്ടാവും ഭൂമിനിയെ അസംവേദ്യം നാഹഘലം നോയിശമേ അപീതോഭൂതി നാഹമത്ര ഭ്യം പശ്യാമി അത് ഉറക്കം പോലെ ആകത്തല്ലേ വീണ്ടും കാരണം ഇവിടെ സുഷ്ടിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പറയുന്നു അത് സുഷുപ്തി എന്നും അല്ലെങ്കിൽ സുഷുപ്തി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല കാരണം സുഷുപ്തി ഒരിക്കലും ഒരു പുരുഷാർത്ഥമാകേണ്ട കാര്യമില്ല പുരുഷൻ അർത്ഥിക്കുന്ന എന്തിനാണ് ആഗ്രഹിക്കുന്ന എന്തിനാണ് ഇതുവരെ നേടാത്തതിനാണ് ിലത്തെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു അപ്പൊ സുഹൃത്തി ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം അത് നിത്യ സിദ്ധമാണ് അല്ലെങ്കിൽ സഹജമാണ് അതുകൊണ്ടാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക സുഹൃത്തിക്ക് വേണ്ടി അവര് യാഗം ചെയ്യത്തില്ല ജപിക്കത്തില്ല പ്രാർത്ഥിക്കത്തില്ല മറിച്ച് അവിടെയൊക്കെ സുഹൃത്തി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് അതാണ് പരമാർത്ഥം അവിടെ ജീവൻ പരമാത്മാവിനോടേക്ക് ഭവിക്കുന്നു ജീവിതം നശിക്കുന്നു ഇതെല്ലാം പറയുന്നു അപ്പം അത് പുരുഷാർത്ഥവുമല്ല പുരുഷൻ അർത്ഥിക്കുന്നതല്ല എന്തുകൊണ്ട് അത് സ്വരൂപസ്ഥിതിയാണ് ഇവിടെ പറയുന്നു ആനന്ദം അത് സ്വരൂപസ്ഥിതിയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണ് ഭൂമപ പ്രിയ സേകത്വേ ആനന്ദം ഏകമായി എൻ്റെ ആനന്ദം നിന്റെ ആനന്ദം ഞാൻ അനുഭവിക്കുന്ന ആനന്ദം അങ്ങനെ ഒരു ആനന്ദവും ഞാനും വേറെയില്ല താൻ സ്വയം ആനന്ദ സ്വരൂപമായി താൻ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ കർണങ്ങൾ എൻ്റെ അനുഭവം ഇങ്ങനെ എന്നോട് വേർതിരിക്കാൻ വയ്യ സുഹൃത്തിൽ എന്തെങ്കിലും വേർതിരിക്കാൻ കഴിയും ഞാൻ എൻ്റെ ഉറക്കം എന്നവിടെ പറയാൻ പറ്റൂ ഞാൻ അവിടെ സുഖമനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഒന്നും അറിയുന്നില്ലെന്ന് പറയാൻ കഴിയുമൊന്നും കഴിയത്തില്ല അതിൻ്റെ സ്വഭാവം എന്താണ് അസംവേദ്യം ഇവിടെ പറയുന്ന പ്രിയം തൻ്റെ സ്വരൂപമാണ് താൻ പ്രിയസ്വരൂപനാണ് താൻ ആനന്ദ സ്വരൂപനാണ് എന്ന് പറയുമ്പോൾ താൻ ഏകമാണെന്നും പറയുകയാണെങ്കിൽ അദ്വയമാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അനുഭവിക്കുന്നവൻ അനുഭവത്തിന് വിഷയം അങ്ങനെ ഒന്നുമില്ല അസംവേദ്യമാവും അസംവേദ്യം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ താല്പര്യം അത് ചോദിക്കുകയും ചെയ്യാം സംവേദ്യമായിരിക്കാം വെച്ചാൽ അറിവിന് വിഷയമായിരിക്കും ജീവൻ ജീവനും ചൈതന്യമുണ്ട് ചൈതന്യത്തിൻ്റെ വിഷയമായിരിക്കുന്ന സർവ്വ അവന് സമ്മേദ്യമാണ് ശരീര സംവേദ്യമാണ് മനസ്സ് സമ്മേദ്യമാണ് പ്രാണൻ സംവേദ്യമാണ് ബാഹ്യമായ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെല്ലാം സമ്മേദ്യമാണ് എന്തുകൊണ്ടവിടെ ചൈതന്യം ബോധം അതായത് കൊണ്ട് ജീവിതം അന്യമായ സർവവും അവന് സംവേദ്യമായിരിക്കുന്നു അവൻ്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം അത് ഏകമാണ് അവിടെ ദ്വൈതമില്ല ദ്വൈതമില്ലാത്തതുകൊണ്ടാണ് അവിടെ സമ്പേദ്യത വരത്തില്ല എന്ന് പറഞ്ഞു ഇത് രണ്ടും പറയും അസംവേദ്യമാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരു കല്ലുപോലെയല്ലേ ഒരു കല്ലിനെ എടുത്ത് വയ്ക്കുന്നു പുസ്തകത്തെ എടുത്ത് ഇതിനെല്ലാം നമ്മൾ ധരിക്കുന്ന എന്താണ് ജഡമാണ് നമ്മൾ ജഡമായി ധരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിന് സമ്മേദ്ധ്യതയുണ്ട് വേറൊരു ജീവനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല താനൊരു ജീവനാണ് തനിക്ക് സമ്മേധ്യതയുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും മറ്റ് ജീവന്മാരിലും ആ സമ്മേദ്ധ്യതയുണ്ട് ശരീരാദികളെ അവർ ഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് അത് പറയാൻ പുസ്തകത്തെ സംബന്ധിച്ച് തയില്ല സംവേദ്യതയില്ല എന്ന് പറഞ്ഞാൽ എന്താ അത് ജഡമാകും അതാണോ സംഭവിക്കുന്നത് പറയുന്നു അതല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്താണ് സ്വരൂപീണവ നിത്യസംവേദ്യൊരു വിശേഷത അസംവേദ്യമാണെന്ന് പറഞ്ഞാലും ശരി പുസ്തകം ഒന്നിനെ അറിയണ്ടല്ലോ അത് നിർവിശേഷമാണ് അതിന് മനസ്സില്ല അതിന് വകല്പങ്ങളില്ല അങ്ങനെ ആണെന്ന് നമ്മൾ അതിനെ കരുതണെങ്കിൽ പുസ്തകത്തെ കുറിച്ച് നമ്മൾ കരുതുന്നു അതിന് മനസ്സില്ല അതൊന്നിനെ ഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതാണ് നിർവിശേഷത ജഡത്തിലാണ് വരുന്ന ആ നിർവിശേഷത പക്ഷെ അതുപോലെ തന്നെയുള്ള ചൈതന്യം ബോധം അത് സർവത്തെയും ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ആ സർവത്തെയും ഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെയും ഗ്രഹിക്കണമെന്ന് സ്വയം അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് പ്രകാശസ്വയം പ്രകാശസ്വരൂപമായതുകൊണ്ടാണ് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേരെ വിരുദ്ധകോടിയിലേക്ക് പോകും ജടമായിപ്പോ അന്ധതയായിപ്പോ അന്ധത എന്താണ് അത് സ്വയം പ്രകാശിപ്പിക്കുന്നില്ല അതുകൊണ്ട് പ്രകാശിപ്പിക്കുന്നതും ഇതങ്ങനെയുള്ള ഈ സംവേദ്യത തന്നിൽ തന്നെയുണ്ട് താൻ സ്വയം സംവേദന സ്വരൂപമായിരിക്കുന്നു ജ്ഞാനസ്വരൂപമായിരിക്കുന്നു നമ്മൾ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു സർവവും തനിക്ക് സംവേദ്യമായിരിക്കുന്നു താൻ സ്വയം സംവേദന സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമാണ് അങ്ങനെ സ്വയം സംവേദന സ്വരൂപമായിരിക്കുമ്പോൾ അതിന് മറ്റുള്ളതിനെ സംവേദ്യമാക്കണമെന്നില്ല താൻ സ്വയം അറിവായിരിക്കുമ്പോൾ മറ്റുള്ളതിനെ അറിയണമെന്നില്ല പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്ന വിശേഷത അതാണ് സുഷിച്ച് സംഭവിക്കുന്നത് അവിടെ സ്വയം അറിവായിരിക്കുന്നു തനിക്ക് നിഷേധിക്കാൻ മയ്യ സ്വയം അറിവായിരിക്കുന്നു സ്വയം അസ്ഥിതയായിരിക്കുന്നു സ്വയം ആനന്ദമായിരിക്കുന്നു പക്ഷെ അവിടെ സംവേദ്യമായിട്ടൊന്നുമില്ല അതിനറിയാനൊന്നുമില്ല അവിടെ അത് അറിവിൻ്റെ സ്വഭാവമാണ് അറിയേണ്ടതായി എന്തെങ്കിലും മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ അറിയും എന്തെങ്കിലും തന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ ധർമ്മമാണ് അത് പ്രകാശിപ്പിച്ചേ തീരും എന്റെ മുമ്പിൽ ഒന്ന് വരിക താൻ പ്രകാശിപ്പിക്കാതിരിക്കാതെ സംഭവിക്കത്തില്ല എന്തുകൊണ്ടത് അതിന്റെ സ്വഭാവമാണ് അണിവിൻ്റെ എന്താ പ്രകാശം അതുപോലെ അറിവിന്റെ മുമ്പിൽ എന്ത് പെട്ടാലും അത് അതിനെ പ്രകാശിപ്പിക്കും അതെന്റെ സ്വഭാവമാണ് സുഹൃത്തിയിൽ എന്താണ് അതിൻ്റെ മുമ്പിലൊന്നും പെടുന്നില്ല അതെങ്ങനെയിരിക്കുന്നു സുസംവേദ്യമായിരിക്കുന്നു അപ്പൊ അത് കല്ലുപോലെയല്ല കല്ലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ സമയതയില്ല പരസമ്മേജ് ഇല്ല അറിവിനെ അവിടെ പരസമേദ്യതയില്ല പക്ഷെ സുസമ്മേധ്യതയുണ്ട് മറ്റൊന്നിനെയും അറിയാതെ സ്വയം അറിവായി മാത്രേ ഇരിക്കുന്നു അതാണ് നിർവിശേഷത അതിനെ പറയാം നിർവിശേഷമായ അറിവ് നിർവിശേഷമായ സത്ത നിർവിശേഷമായ ആനന്ദം ഇതാണ് മുക്തി എങ്കിൽ ഇതിനാരാഗ്രഹിക്കും സുഷൃപ്തി പോലെ അല്ലേ ഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട് ആഗ്രഹിക്കാതെ തന്നെ അത് പ്രാപ്തമാണ് ഇന്ദ്രസ്യത്തതിഷ്ഠം ഇങ്ങനൊരവസ്ഥ എന്താണ് നിത്യ സംവേദ്യമായത് കൊണ്ടുള്ള നിർവിശേഷത അത് ഇന്ദ്രൻ ഇഷ്ടമില്ല അത് ഇന്ദ്രൻ തുറന്നു പറഞ്ഞു എന്താണ് ഖല്ലയം സംപൃപ്തി ആത്മാനം ജാനാദി എവിടെ എന്താ അവിടെ ആത്മാവിനെ അറിയുന്നില്ലല്ലോ എനിക്ക് വേണ്ട ആത്മജ്ഞാനമാണ് സുഹൃത്തേക്കുറിച്ച് എന്തിനു മുമ്പ് പറഞ്ഞതാണ് അവിടെ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല അവിടെ എന്താണ് നിത്യസംവേദ്യമായത് കൊണ്ടുള്ള നിർവിശേഷതയാണ് അയഹമസ്മീരി ഇവിടെ അറിയുന്നുണ്ട് ഞാൻ അത് ശരീരത്തിനായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഇവിടെ ഞാൻ അറിയുന്നുണ്ടോ ഞാൻ അവിടെയില്ല സുഹൃത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാനൊന്നും അറിയുന്നില്ല ഇവിടെ ഹംബോധമില്ല എന്തുകൊണ്ടവിടെ അത് നിത്യസംവേദ്യ സ്ഥിതിയാണ് ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും ഒക്കെ സംവേദ്യതയുടെ ആധാരമാണ് അതുകൊണ്ടാണ് അതിന് സർവകാരണമെന്ന് പറയുന്നത് കാരണം ശരീരം പറയും അവിടെ അയ മഹസ്വിത ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞാലാ കോണർന്നു ജാഗ്രത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്വ സ്വപ്നത്തിലേക്ക് പോയി നോയവൈമാനി ഭൂതാനി അതുമാത്രമല്ല ഇതൊന്നും അവിടെ കാണുന്നില്ല ശബ്ദസ്പർശ ഉപരസഗന്ധങ്ങൾ അന്യജീവന്മാർ പ്രപഞ്ചം ശരീരം മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ഇതൊന്നും അവിടെയില്ല അതിനെയൊക്കെ സംബന്ധിച്ച് എന്തുപറയുന്നത് വിനാശമേവോ അപീതോ ഭവതി എല്ലാത്തിനും വിനാശം സംഭവിച്ചിരിക്കുന്നു ഏകത്വം അദ്വിതീയാവസ്ഥ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഹൃത്തി പോലെയായി നാഹമത്ര ഭോഗ്യം പശിയാമി ഇവിടെ ഇതുകൊണ്ട് എനിക്ക് യാതൊരു ഫലവും കാണുന്നില്ല എന്തുകൊണ്ട് സംസാരം നിവൃത്തി ഉണ്ടാകുന്നില്ല അവിടെ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരേണ്ടി വരുന്നു വീണ്ടും സംസാരത്തെ അനുഭവിക്കേണ്ടി വരുന്നു അത് പുരുഷാർത്ഥമല്ല ആർത്ഥിച്ച നേടിയെടുക്കേണ്ടതല്ല ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല പരിശ്രമിക്കാതെ കിട്ടുന്ന തോന്നി എന്തിനു പരിശ്രമിക്കണം പരിശ്രമിച്ച് നേടിയിട്ടും കൃതാർത്ഥതയില്ലെങ്കിൽ പിന്നെ അത് നേടിയിട്ടെന്ന കാര്യം അവിടെ കൃതാർത്ഥത ഉണ്ടായിരിക്കും പക്ഷെ ഇത് വേണ്ട ജാഗ്രതല്ലേ ആരും സുഹൃത്തി പരിശ്രമിക്കാറില്ല സുഹൃത്തിക്ക് വേണ്ടി ആരും സുഹൃത്തി പരിശ്രമിക്കാറില്ല പരിശ്രമങ്ങളെല്ലാം ജാഗ്രതയിലാണ് ജാഗ്രതയുടെ പരിശ്രമം കൊണ്ട് ഇവിടെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സുഷ്ടി ഉണ്ടെന്താ പറയൂ ഇവിടുത്തെ പരിശ്രമം കൊണ്ട് ഇവിടെ നേടണം ഇവിടെ എന്തെങ്കിലും ഫലം ഉണ്ടാവണം പക്ഷെ ഉന്നാഹം അത്ര ഭോഗ്യം പശ്യാമി പക്ഷെ ഞാൻ ഒരു ഫലവും കാണുന്നില്ല മറിച്ച് അവിടെ നിർവിശേഷമതയാണ് ആ നിത്യസമയത്തിനെന്ന് അംഗീകരിക്കാം കാരണം എനിക്കതിനെ നിഷേധിക്കാൻ കഴിയുന്നു ഞാൻ ഉറങ്ങില്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല അത് പറയാൻ പറ്റത്തില്ല അത് കേവല സംവേദന സ്വരൂപമാണ് ആ സംവേദന തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം അനുസ്യതമായിരിക്കുന്നത് ആ സംവേദനത്തിനെയാണ് ജാഗ്രതത്തിൽ അഹം എന്നനുസന്ധാനം ചെയ്യുന്നത് സുഹൃത്തിയിലുണ്ടായിരുന്ന ിയം ആനന്ദം ഇവിടെ പറയുന്ന നിത്യസംവേദ്യത അത് ജാഗ്രതയിലേക്കും വരുന്നു ജാഗ്രത വരുമ്പോൾ ഇതെല്ലാമായി മാറുന്നു ഇവിടെ പ്രയോജനം ചെയ്യാത്ത കാര്യത്തെ ഞാൻ എന്തിനു എങ്ങനെ നേടണം എന്തിനു നേടണം ഞാൻ ചോദിക്കുന്നു തദ് ഇന്ദിരശ്രൈഷ്ടം യത് ച ആത്മാനം ച ജാനാദി എന്നുവെച്ചാൽ അപ്രിയം ഗിഞ്ചിത് വേത്തി സ സർവാംശ ലോകൻ ആത്മനോദി സർവാംശ കാമ ഏന ജ്ഞാനേന ഇന്ദ്രൻ എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരു വലിയ കാര്യം പറയണം ആധ്യാത്മിക എന്താണ് ഒരുവന്റെ ഇഷ്ടം എന്താണ് ഒരുവന്റെ ഹിതം എന്ന് വെച്ചാൽ എന്താണ് ഒരുവനെ സംബന്ധിച്ച് പരമാർത്ഥമായിരിക്കുന്നത് രണ്ടും രണ്ടാണ് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളല്ല പരമാർത്ഥം ഇന്ധന ഇഷ്ടമുള്ള എന്താണ് ഭൂതാനിച്ച ആത്മാനം ചാനാദി എന്നുവെച്ചപ്രിയം നമ്മളുടെ എല്ലാം ഇഷ്ടം പോലെയാണ് ആത്മജ്ഞാനിയായിരിക്കണം സർവാത്മഭാവത്തിലിരിക്കണം ആത്മ ഇതിനെക്കുറിച്ചുള്ള കുറെ സങ്കല്പങ്ങളാണ് ഉള്ളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വപ്നലോകത്തിലാണ് ഇന്ദ്രനും അതുപോലെ ഒരു സ്വപ്നത്തിൽ കഴിയുന്നവരാണ് ഈ ആത്മാഅ അപഹത പാത്മാന്ന് കേട്ടപ്പോൾ ഇന്ദ്രനും മനസ്സിൽ ചില ധാരണകളൊക്കെ ഉണ്ടായി ആ ധാരണകളിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതിനും മാറ്റാൻ ശ്രമിക്കുകയാണ് അത് ഇന്ദ്രശ്രംഭൂ എന്നുവച്ചപ്രിയം കിഞ്ചിത് വേത്തി ഏതൊരു ജ്ഞാനമാണോ അങ്ങനെ ഒരു ജ്ഞാനം അതെന്ത് സർവത്തെ അറിയുന്നുണ്ട് തന്നെ അറിയുന്നുണ്ട് സർവത്തെ അറിയുന്നു എന്ന് പറയുന്നതാണ് സർവാത്മഭാവം അങ്ങനെയൊരു ജ്ഞാനം തന്നെ അറിയുന്നു സർവത്തെ അറിയുന്നു സർവത്തിൽ താനായി അറിയുന്നു നമ്മൾ സാണ് പറയുന്നത് എന്നുവെച്ചാൽ അപ്രിയം ഗിഞ്ഞു വ്യസിച്ച അപ്രിയമായി ഒന്നും അറിയുന്നില്ല എല്ലാത്തിനും ഈ ആത്മാവായി ഇറങ്ങിയാൽ തന്നെ ദുഃഖത്തെ അറിയുന്നില്ല എല്ലാം പ്രിയം തന്നെ എല്ലാം ആനന്ദം തന്നെ എന്തുകൊണ്ട് താൻ ആനന്ദമാണ് അവരറിവിൽ ആത്മബോധത്തിൽ സർവാംശലോകാൻ ആത്മനോദി സർവലോകങ്ങളെയും പ്രാപിക്കുന്നു അവൻ അപ്രാപ്യമായിട്ടൊന്നുമില്ല പുനീരലോകവും പരലോകവും എല്ലാം ഉണ്ട് സർവാംശ കാമാൻ ഏനജ്ഞാനേനാ സർവ്വകാമങ്ങളെയും ഞാൻ പ്രാപിച്ചിരിക്കുന്നു നേരത്തെ പറഞ്ഞുള്ള പലതരത്തിലുള്ള കാമങ്ങളെ പ്രാപിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്ദ്രന് ഇഷ്ടമായിരിക്കുന്നത് ഇന്ദ്രന്റെ സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ദ്രൻ ഉപാസന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൗണവിദ്യ സൗണ ഉപാസന ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലെത്തിച്ചേരും ഇപ്പൊ നമുക്ക് ചെറിയ ജ്ഞാനമുണ്ട് ഒരു വലിയ ജ്ഞാനം ഉണ്ടാവും നശിക്കാത്ത ഒരു ജ്ഞാനം ഉണ്ടാവും ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണല്ലോ ഇന്ദ്രന്റെ ഇഷ്ടം ആ ഇന്ദ്രനോട് പറയുകയാണ് സുഷുപ്തി പ്രിയപ്രിയങ്ങൾ സ്പർശിക്കാത്ത ഒരവസ്ഥ ഉണർവൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിർവിശേഷ നിത്യസംവേദ്യതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനോ തനിക്കിഷ്ടമല്ലാത്ത മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം അതുകൊണ്ടേ അദ്വൈതം പറയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു കേൾക്കാൻ തയ്യാറാകാത്തത് കാരണം ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ട് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും എത്ര ദിവസം വേണം കേട്ടുകൊണ്ടിരിക്കും ഇഷ്ടം തോന്നിടത്തോളം കാലം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അദ്വൈതത്തിന് അങ്ങനെ പറ്റത്തില്ല കാരണം അത് ഇഷ്ടമല്ല ആരുടെയും ഇഷ്ടമല്ല പറയുന്നത് ഇന്ദ്രന്റെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ സാധാരണ മറ്റുള്ളവരുടെ ഇഷ്ടമാവും ഇഷ്ടവും അനിഷ്ടവും വരുന്നത് അങ്ങനെ നമ്മുടെ കല്പനകൾ ഭാവനകൾ അനുകൂലമായി വരുന്നതിനോട് ഇഷ്ടം തോന്നുന്നു പ്രതികൂലമായി വരുന്നതിനോട് അനിഷ്ടം തോന്നും ഇത് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം കൽപ്പന ഭാവനകളാണ് നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതും ഉണ്ട് നേരിട്ട് കാണുന്നതിനും അനുഭവിക്കുന്നതിനോ അപ്പുറമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അവനെ സംബന്ധിച്ച് അവന് കേവലം കൽപ്പന ഭാവനകളെ പറ്റും ഭക്തനോട് പറയുന്നു വൈകുണ്ഠം കൈലാസം അവന് ഭാവനയിൽ കണ്ടുകൊണ്ടല്ലേ അവന് മുമ്പോട്ട് പോകാൻ പറ്റും യോഗിയോട്ട് പറയുന്നു സമാധി ഭാവനയെ കണ്ടേ പോകാൻ പറ്റും ഒന്നും അനുഭവത്തിയുള്ള കാര്യങ്ങളല്ല എന്നാലും എന്തുകൊണ്ടാണ് എൻ്റെ പറയെ പോകുന്നു അതിനെക്കുറിച്ചുള്ള കൽപ്പനകളുണ്ട് ഭാവനകളുണ്ട് അതങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള സർവത്ര എങ്ങനെയാണ് പറയുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് സത്യമേധം നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇതുള്ള ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ഭാവനയും കൽപ്പനകളുമുണ്ട് ഇമാനി ഭൂതാ മത്തോ അന്യാ ലോക കാമാർ മത്തോ അന്യേ അഹമേഷ സ്വാമി അങ്ങനെ ഒരാൾ കരുതണമെങ്കിൽ ആനന്ദത്തെ അനുഭവിക്കണം സുഖത്തെ അനുഭവിക്കണം സർവലോകങ്ങളിലുള്ള സർവത്തെയും പ്രാപിക്കണം ബ്രഹ്മലോകത്ത് പ്രാപിക്കണം ഇത്തരം കൽപ്പനകളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് എത്ര ചെയ്യുന്ന ആളായാലും ശരി സഗുണവിദ്യ ശീലിക്കുന്നവനായാലും ശരി അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ട് നേടാൻ അനുഭവിക്കാനുണ്ട് സുഖമുണ്ട് പരമമായ ഒരു ആനന്ദത്തെ ഇനി അനുഭവിക്കണം എന്ന് കരുതുകയാണെങ്കിൽ അവിടെ ഭേദത്തിൽ നിന്നേ അത് സാധ്യമാവും ഭേദബോധത്തിൽ നിന്നേ സാധ്യമാവും ഇമാനിഭൂതാനി മത്വന്യാനി ഇതെല്ലാം തനിക്ക് അന്യമാണ് തന്നയമാണ് അന്യമല്ലെങ്കിൽ എങ്ങനെ അനുഭവിക്കും അന്യമായതിനെ അനുഭവിക്കാൻ പറ്റും ലോകാഹ കാമാശ ആഗ്രഹങ്ങളുണ്ടല്ലോ മുക്തിക്ക് പ്രേരിപ്പിക്കുന്ന കാമം തന്നെ ചെറിയ കാമങ്ങളിൽ അവന് തൃപ്തനല്ലാതുകൊണ്ട് വലിയ കാമത്തെ ആഗ്രഹിക്കുന്നു ഫലം ആഗ്രഹിക്കുക മാത്രമല്ല നേടണമെന്ന് വിചാരിക്കുന്നു അന്യമായതിനാലേ നേടാൻ പറ്റും തന്നെ തനിക്ക് നേടാൻ കഴിയത്തില്ല അന്യമായതിനെ നേടാൻ കഴിയത്തുള്ളു അങ്ങനെയുള്ള വലിയ സങ്കല്പങ്ങൾ ആനന്ദത്തെ കുറിച്ചുള്ള സങ്കല്പം നേടുന്ന സങ്കല്പം എന്തോരം മക്ക അന്യേ ഇതെല്ലാം തനിക്ക് അന്യമാണെന്നറിയണം ഹമേഷ സ്വാമി ഇതൊക്കെ ഞാൻ നേടുന്നവനാണ് ഇതൊക്കെ എനിക്ക് കൈവശം ഒന്നുമില്ല ഞാൻ എനിക്ക് മുക്തി കൈവശം വരും എനിക്ക് ആനന്ദം കൈവശം വരും ഇങ്ങനെയുള്ള കൽപ്പനകൾ ഇങ്ങനെയൊക്കെ കൽപ്പന ചെയ്യാം എന്തൊക്കെ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു എല്ലാവരും പരമാർത്ഥത്തെ ഒന്നും നേടാനില്ല എന്നാലും ഭാവനകളിൽ കൽപ്പനകളിൽ ജീവിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന തേദ്രസഹിതം പക്ഷെ ഇതല്ല ഹിതം എന്ന് പറയും ഇവിടെ എന്താ തകരാറ് ഭാവനകളിലും കൽപ്പനകളിലും വരുന്നുള്ള തകരാറാണ് അവിടെ ശരിയായ വിവേകം വരുന്നില്ല ഇത് ഹിതമാകുന്നില്ല ഹിതം ചൈന്ദനസ്യ പ്രജാപതിന എന്താണ് ഹിതം അത് പറയും പരമാർത്ഥ ഞാനത് പറയും അവിടെ അങ്ങനെ നേടാനില്ല അന്യമായ ഒന്നുമില്ല വ്യോമ അശരീരാത്മതയാ സർവഭൂതലോക കാമ അന്നപകമേന ാപ്തി തദ്ഹിതം ഇന്ദ്രായ വക്തവ്യമിതി പ്രജാപത്തിന അഭിപ്രായം പ്രജാപതി എന്താ പറയുന്നത് നീ എന്തിനാണോ ഞാനെന്ന് കരുതുന്ന അതല്ല നീ മനസ്സിൽ എന്താണ് വ്യോമപദ് ആകാശം പോലെ സർവവ്യാപിയാണ് ശരീരം കൊണ്ട് പരിച്ഛന്നമായൊന്നല്ല ശരീര അഭിമാനത്തിൽ നിൽക്കുന്ന ഒന്നല്ല അതുകൊണ്ട് നേടുന്ന ഒന്നല്ല ഇതിനും ഒരു ആധ്യാത്മിക ജിജ്ഞാസമാണ് പക്ഷെ ഒരു പ്രവർത്തനങ്ങൾ എല്ലാം ശരീരാഭിമാനത്തോടുകൂടിയായിരിക്കും അവിടെ അതിനാണ് ഇവിടെ നിഷേധിക്കുന്നു സ്വയം ആകാശത്തെ പോലെ അശരീരിയായിരുന്നിട്ടും ശരീര അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നത് എനിക്ക് മോക്ഷം നേടണം എനിക്കത് ചെയ്യണം എനിക്കിത് ചെയ്യണം എനിക്ക് ജപിക്കണം എനിക്ക് ധ്യാനിക്കണം സർവത്ര അഹന്തയല്ലേ സർവത്ര ശരീരാത്മബോധമല്ലേ അതിൻ്റെ ഫലമായ എന്താണ് പറയുന്നത് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളൊക്കെ ചെറുതാണ് വലിയ ആനന്ദത്തെ അനുഭവിക്കണം അവർണനീയമായ ആനന്ദത്തെ അനുഭവിക്കണം ആനന്ദം ഈ മാംസ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തു ഓരോരുത്തരുടെയും ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ പറയുന്ന നിർവിശേഷത അതാണ് പരമാർത്ഥം അത് അജ്ഞന്റെ സങ്കല്പത്തിലുള്ളതല്ല എന്നാണ് അജ്ഞന്റെ ഇഷ്ടമല്ല പരമാർത്ഥ ഹിതമെന്താ അവൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അവൻ എന്തിനാണോ ഇഷ്ടപ്പെടുന്നത് അതല്ല അവൻ ഹിതമായിരിക്കുന്നത് എന്നാണ് അവൻ ഇഷ്ടത്തിൽ നിൽക്കുമ്പോൾ ഹിതത്തിലെത്തിയിട്ടില്ല ഹിതത്തിലെത്തുമ്പോൾ ഇഷ്ടങ്ങളില്ല അതുകൊണ്ട് എന്താണ് ഹിതം സർവഭൂത ലോക കാമ ആത്മത്വപഗമേന സർവവും സർവഭൂതലോകാമങ്ങളെല്ലാം സർവഭൂതങ്ങളും സർവലോകങ്ങളും സർവകാമങ്ങളും അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും സർവലോകങ്ങളിലും നേടുന്ന കാമനകളും സർവവും ആത്മത്വപത അതാണ് താൻ ആ ബോധം കൊണ്ടുവരുന്ന യാപ്രാപ്തിഹി അല്ലാതെ ബാഹ്യമായി പ്രാപിക്കുന്നതല്ല ആത്മബോധം കൊണ്ട് വരുന്നവൻ്റെ ആ സർവാപ്തി തദ്ഹിതം അതാണ് ഇന്ദ്രായ ഹിതം ഇന്ദിരന് ഹിതമായിരിക്കുന്ന അതാണ് അതാണ് വക്തവ്യം അതാണ് പറയേണ്ടത് ഈ പ്രജാപത്തിന് അഭിപ്രായം അപ്പം സർവാത്മഭാവം എന്നെല്ലാം പറയുന്നിടത്തും ആ സർവാത്മഭാവം കുറിച്ചുള്ള ശരിയായ ബോധമില്ലെങ്കിൽ അവിടെയും അന്ധതയിലായിരിക്കും മോക്ഷമെന്ന് പറയുന്നത് അത് രാജ്ഞോ രാജ്യാപ്തിവത് അന്യത്വേന അങ്ങനെയല്ല അങ്ങനെ സംഭവിച്ച അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു വഴിയല്ല ഇത് ഏതുപോലെ രാജ്ഞോ രാജ്യാപ്തിവത്വം രാജാവ് രാജ്യത്തെ പ്രാപിക്കുന്നത് രാജാവിന്റെ രാജ്യപ്രാപ്തി പൊട്ടാഭിഷേകം രാജാവിന് ചക്രവർത്തി അഭിഷേകം ചെയ്യും ഇതൊരു വലിയ പദവിയാണ് ഒരു പ്രജകൾക്കൊന്നും സങ്കല്പിക്കാൻ വയ്യാത്ത വലിയൊരു പദവിയാണ് രാജാവിന് മാത്രമുള്ളതാണ് സ്വരാജ്യസിദ്ധി അത് നമ്മൾ അതിനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള ഒരു സങ്കല്പമല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നതാണ് നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇഷ്ടങ്ങളെ സങ്കല്പിച്ചാലും ഇഷ്ടങ്ങളെ നേടാൻ നേടില്ലെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് പല ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞത് പക്ഷെ അതല്ല ഹിതം പ്രജാപതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇന്ദ്രൻ ഗ്രഹിക്കുന്ന മറ്റൊന്ന് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തത്രയും സതിക്കം കേന വിജാന ശ്രുതി പറയുന്നുണ്ടെന്നാണ് കം കേന വിജാനിക ആര് ആര് എന്തുകൊണ്ടറിയും അറിയത്തില്ലല്ലോ അതാണ് സ്വസംവേദ്യത നിർവിശേഷത ആത്മസംവേദ്യത എന്നൊക്കെ പറയുന്നു ഞാൻ ആത്മാവനറിയും എന്നിലിരിക്കുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കും അങ്ങനെ ഞാൻ മുക്തനാകും ജ്ഞാനിയാകും ഇതൊക്കെയാണ് ഭാവനകൾ പറയുന്നു ആര് എന്തുകൊണ്ട് എങ്ങനെ അറിയും ഷികാരെ ഇപ്പോൾ ആവർത്തിക്കുന്നതാണ് ബ്രൂധാരണത്തിൽ നിന്ന് ഭൂതാന്യായ മഹ്മീതി ഇവിടെ താൻ മാത്രമേ ഉള്ളൂ മറ്റൊന്നിനെ താനായിട്ട് അറിയുന്നതല്ല മറ്റൊന്നിനെ താനായിട്ട് അറിയണമെങ്കിൽ അത് അജ്ഞനെ സാധ്യമാകും ആത്മബോധം വന്നുകഴിഞ്ഞാൽ അവനെ താനായിട്ട് അറിയുക അതല്ല സർവാത്മഭാവം അങ്ങനെ അറിയണോ അല്ലെന്നാ പറയുന്നത് അന്യനെ താനായിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാനീ അറിയുന്നതെന്നാണ് നമ്മൾ ചെയ്യുന്നത് അന്യനെയൊക്കെ താനായിട്ടറിയുന്നു പട്ടിയെ താനായിട്ട് അറിയുന്നു പൂച്ചയെ താനായിട്ടറിയുന്നു ഞാനീ പട്ടിയെപ്പോലെയാകും പൂച്ചയെപ്പോലെയാകും അന്യനെ താനായിട്ട് അറിഞ്ഞാൽ അങ്ങനെയൊരു കുഴപ്പം വരും ഒരു വലിയ തകരാറ് ഞാനിപ്പിന്നെ നാല് കാലിൽ നടക്കും അഭക്ഷ്യം ഭക്ഷിക്കും അന്യനെ താനായിട്ടറിയുന്ന എന്തുകൊണ്ട് അന്യനെ താനായിട്ട് അറിയുന്നില്ല അന്യനില്ല പിന്നെങ്കിൽ അന്യം താനായിട്ടറിയും അന്യനുള്ളവനാണ് ചിന്തിക്കുന്നത് എനിക്ക് അന്യനെ താനായിട്ടറിയാം അല്ലെങ്കിൽ അന്യനെ താനായിട്ടറിയാന്ന് പറയുന്നതിന്റെ താല്പര്യം അങ്ങനെ മനസ്സിലാക്കുന്നത് അന്യഥ ബോധമുള്ളവനാണ് അപ്പോൾ അവനെ അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പം വേറെ അതല്ലെന്നാണ് പറയുന്നു അതൊക്കെ ഇഷ്ടങ്ങൾ ഓരോരുത്തരുടെ ഹിതം അതല്ല അവിടെ അന്യനില്ല അതുകൊണ്ട് പിന്നെ അന്യനെ താനായിട്ട് അറിയേണ്ട കാര്യമില്ല താനുണ്ടോ താനുമില്ല അഹന്താരൂപത്തിലുള്ള താനും അവിടെയില്ല ഇതന്താരൂപത്തിലുള്ള അന്യനുമില്ല അതിനുപരിയാണോ सो ഇമാനി ഭൂത അയമഹമസ്മ അന്തർവിശേഷമായ സുസംവേദ്യത അതാണ് ജാനീഡാവസ്ഥ എന്ന് പറയുന്നത് അസ്മൻ പക്ഷേ സ്ത്രീഭർവ ജാനിർവ സിപ്പോകക്കാമ സേകതാഭവീ ഇത്യാദിഐശ്വര്യശ്രുതിപ്പന്ന നേരത്തെ പറഞ്ഞു സഗുണോപാസകനെ സംബന്ധിച്ച് സകുണവിദ്യയുടെ ഫലമായി പറഞ്ഞു അവൻ സർവഭോഗങ്ങളെയും പ്രാപിക്കുന്നു ഇത്ര ലോകാമനാണെങ്കിൽ അവിടെ എത്തും മറ്റു ലോകാമനാണെങ്കിൽ അവിടെ എത്തും അതൊക്കെ ഐശ്വര്യമാണ് വിഭൂതികളെക്കുറിച്ച് പറയുന്നു ഒരു ജീവൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒരുപാസകൻ നേടുന്നു എന്ന് പറയണം ഇതൊന്നും ശരിയാകത്തില്ലല്ലോ സർവാത്മഭാവമാണ് ഫലമെങ്കിൽ പറയുന്നു പറയുന്നതും നിങ്ങൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ സർവാത്മന സർവ്വഫലസംബന്ധം ആ സർവാത്മഭാവമുള്ളവനാ അവൻ സർവത്തെയും പ്രാപിച്ചിരിക്കുകയാണല്ലോ അജ്ഞനായിരുന്നു കൊണ്ട് തൻ്റെ അജ്ഞതയിലൂടെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയല്ല ജ്ഞാനം കൊണ്ടവൻ സ്വരൂപമായി പ്രാപിച്ചിരിക്കുന്നു അജ്ഞനായിരുന്നു കൊണ്ട് അജ്ഞാനം കൊണ്ട് പ്രാപിച്ചാൽ അന്യമായിട്ടെല്ലാം പ്രാപിക്കാൻ കഴിയും ജ്ഞാനം കൊണ്ടവൻ സ്വരവുമായി പ്രാപിച്ചിരിക്കുന്നു അവന് സർവവും ആത്മാവിലാണ് സർവത്മാവിൽ ആരോപിതമാണ് സർവവും ആത്മാവിൻ നിലനിൽക്കുന്നതാണ് ആത്മാവിന് സർവവുമായി സംബന്ധമുണ്ട് സർവസംബന്ധവും ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുലിയൻ ആ തുരിയന്റെ സ്പന്ദനമാണ് മനസ്സ് പ്രപഞ്ചം എല്ലാം ഇതിന് എവിടെ സ്പന്ദിക്കേണ്ടി വന്നു തുരിയൻ മറ്റൊരുടത്തുമല്ലാണിതെല്ലാം സ്പന്ദിക്കുന്നു അപ്പൊ സർവവും തന്നിലാണെങ്കിൽ സർവഫല സംബന്ധം ദോഷമൊന്നുമില്ല സർവ്വവും തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മൃദൈവ സർവ ാപ്തി ഒരേ ഒരു മണ്ണ് തന്നെ ഘടമാകുന്നു കരകമാകുന്നു കുണ്ടമാകുന്നു പലതരത്തിലുള്ള പാത്രങ്ങളാകുന്നു മണ്ണ് തന്നെ തന്നെ അറിയുകയാണെങ്കിൽ എങ്ങനെ അറിയും പാത്രത്തിലും അത് മണ്ണായിട്ട് അറിയാം അറിയുകയാണെങ്കിൽ ഏത് പാത്രത്തിലും അത് തന്നെ മണ്ണായിട്ട് തന്നെ അറിയുന്നു അതുപോലെ ഞാൻ ഈ സദാത്മരൂപത്തിൽ സർവത്താതാത്മ്യത്തിലിരിക്കുന്നു സർവത്തോട് അനന്യമായിരിക്കുന്നു അതുകൊണ്ട് സർവത്തെയും പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല എന്നർത്ഥം ഇപ്പം ജ്ഞാനത്തിൻ്റെ ഫലം അത്തരത്തിലൊരു സർവാത്മഭാവമാണെങ്കിൽ ഞാൻ സർവാത്മത്തെ ദുഃഖസംബന്ധം വിസ്യാദിച്ച് ചെയ്തു ദുഃഖസംബന്ധം വരാമല്ലോ ദുഃഖവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവം വരും സുഖവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക താൻ സുഖിയാണെന്നുള്ള അനുഭവം വരും അജ്ഞനുമായിട്ട് എന്താ വ്യത്യാസം ഇപ്പൊ സർവാത്മഭാവം ഈ ദോഷങ്ങളൊക്കെ വരും അന്യമായ ഓരോന്നിനോടും താൻ താതാത്മ്യപ്പെടുന്നതാണ് സർവാത്മഭാവമെങ്കിൽ നായാകും പൂച്ചയാകും ഇതാണ് സർവാത്മഭാവം എന്ന് കരുതിയിട്ട് ആൾക്കാർ നായ് ഭക്ഷിക്കുന്നതൊക്കെ ഭക്ഷിക്കുന്നവരുമുണ്ട് അതിൽ സർവാത്മഭാവം വ്യത്യാസമുണ്ടല്ലോ സർവാത്മഭാവം കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നു നായുടെ ഭക്ഷണം ഭക്ഷിക്കാൻ വേണ്ടിയല്ല സർവാത്മഭാവം അത് നായായി ജനിച്ചാൽ മതി ആത്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല ഇന്ദ്രന്റെ ഇഷ്ടമല്ല സർവാത്മഭാവം എന്ന് പറയുന്നു അന്യമായി ഒന്നിനെ താനായി കാണുന്നതല്ല സർവാത്മഭാവം അന്യമായൊന്നുമില്ല എന്നുള്ളതാണ് സർവാത്മഭാവം അതുകൊണ്ട് സർവാത്മഭാവത്തിൽ അവൻ ദുഃഖ്യാകുമോ ദുഃഖം മാത്രമല്ല കാമത്തോട് ത സർവാത്മഭാവം പ്രാപിച്ചാൽ കാമിയായിത്തീരും ക്രോധത്തോടാണെങ്കിൽ ക്രോധിയായി തീരും എല്ലാ വികാരങ്ങളോടും സർവാത്മഭാവം പ്രാപിച്ച് അതായി മാറും ഇതാണോ ഇതിന്റെ പ്രയോജനം സർവാത്മഭാവത്തിൻ്റെ നല്ല ദുഃഖസ്യ ആത്മത്വമാണല്ല ഇവിടെ സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കാണുന്ന സർവത്തിനോടും താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതല്ലേ ഇവിടെ സർവവും അത് സർവവുമല്ല മറിച്ച് ആത്മാവാണ് ഈ ബോധമാണ് സർവാത്മഭാവം ദുഃഖസാബി ആത്മത്വമാണ് ദുഃഖം എന്ന് പറയുന്ന ഒന്നിനെ കണ്ടിട്ട് അതിനോട് താതാന്യപ്പെടുകയല്ല ദുഃഖമൊന്നും അങ്ങനെ വേറിട്ടൊന്നുമില്ല തന്നെ അന്യമായിട്ടൊന്നില്ല ആത്മത്വ ഭഗമാ സർവവും താനായിട്ട് അറിയുമ്പോൾ ദുഃഖം അല്ലെങ്കിൽ അസൂയ ഒക്കെ ഇങ്ങനെ മാറി നിൽക്കും എവിടേക്കത് മാറിയിരിക്കും അതിനൊക്കെ മാറിയിക്കാൻ ഒരിടം വേണ്ടേ അതുകൊണ്ട് അതും ആത്മാവ് തന്നെ അതാണ് സർവാത്മഭാവം അന്യമായ ഒന്നിനെ താനായി കാണുന്നതല്ല താൻ സ്വയം തന്നെ സർവഭാവത്തിലിരിക്കുന്നതാണ് ദുഃഖസ്യാത്മത്വകമാ ഉപകമാ അവരോധങ്ങനെ ധരിച്ചുകളായിരുന്നു ഇപ്പൊ തത്വജ്ഞാനിയുടെ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കും ആജ്ഞന് മനസ്സിലാകത്തില്ല വിശദീകരിച്ചാലും മനസ്സിലാകത്തില്ല ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും തന്റെ ഇഷ്ടമല്ല തത്വജ്ഞന്റെ ഹിതം എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടും രണ്ടാം എന്തുകൊണ്ട് ദുഃഖത്തോട് താരതമ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് കാമാദികളോട് താതമ്യപ്പെട്ട് സ്വയം കാമിയും ദുഃഖിയും ക്രോധിയും ഒന്നും ആകുന്നില്ല കാരണം തന്നിൽ നിന്ന് അന്യമായ അവയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ തന്നിൽ നിന്നും അന്യമായ അവയില്ല എന്നെങ്ങനെ പറഞ്ഞു എങ്ങനെ അറിഞ്ഞു അതാണ് ആത്മജ്ഞാനം തണ്ണിൽ തന്നെ പ്രകാശിക്കുന്ന ആത്മജ്ഞാനം സർവത്തോടുള്ള തണ്ണിന്റെ തന്റെ അനന്യതയെ പ്രകാശിപ്പിക്കുന്നു ഒരു വെളിച്ച സർവ്വ ഇരട്ടിനെയും നശിപ്പിക്കുന്നു ഒരു സൂര്യൻ നോക്കുമ്പോൾ സർവ ഇരുളുകൾ നശിച്ചു പോകുന്നത് പോലെ അന്യമായി ഒന്നിനെ കണ്ടിട്ട് അതിനെ താനായി പ്രകാശിപ്പിക്കുകയല്ല അന്യമായ ഒന്നിനോട് കാണുന്നില്ല ദുഃഖസ്യാപി ആത്മത്വം ഉപകമാ അവിരോധ ദുഃഖവും സ്വസ്വരൂപം തന്നെ അതുകൊണ്ട് ദുഃഖത്തോട് താതാന്യപ്പെട്ട് തന്നും വേറിട്ടൊരു ദുഃഖമിരിക്കുന്നു ആ ദുഃഖിനോട് താതാന്യപ്പെട്ടിട്ട് താൻ സ്വയം ദുഃഖിയാകുന്നില്ല ണ്ടോ പക്ഷെന്താ ആത്മജ്ഞനിൽ നിന്നും അന്യമായി ഒരു ദുഃഖമുണ്ടോന്നാണോ ചോദിക്കുന്നത് ഇല്ല പിന്നെന്താ ആത്മജ്ഞൻ കരയുന്നത് വേദനിക്കുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ കരയുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു ആത്മത്വപകമാ ആത്മജ്ഞന സംബന്ധിച്ച് എന്തൊക്കെയാണോ അന്യൻ അനുഭവപ്പെടുന്നത് അതെല്ലാം ആത്മസ്വരൂപം തന്നെ അല്ലാതെ തന്നിൽ നിന്ന് അന്യമായ ദുഃഖത്തെ കണ്ടിട്ട് ആത്മ ഞാൻ കരയുന്നതല്ല അന്യമായിട്ടൊന്നുമില്ല അവിടെ ആത്മനി അവിദ്യ കൽപിതാനി അവിദ്യ കൽപ്പന നിമിത്താനി ദുഃഖാനി രജ്വാമിവ സർപ്പാദീനി കൽപ്പന നിമിത്താനി ജുവിലെ സർപ്പത്തം പോലെ ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നവയാണ് ദുഃഖങ്ങൾ കൽപ്പിച്ച ഇല്ലാത്ത ആത്മാവിൽ നിന്നും വേറിട്ടില്ലാത്ത ആത്മാവിനെ കുറിച്ചെന്ത് പറഞ്ഞാൽ അത് നിർവിശേഷ ആനന്ദ സ്വരൂപമാണ് വിടെ അന്യത്വ കൽപ്പനകൾക്കൊന്നും നിലയില്ല ഇടയില്ല അന്യമായി കൽപ്പിച്ചിട്ട് അതിനോട് പ്രാധാന്യപ്പെടുകയോ അതിൽ നിന്നും മാറുകയോ ഒന്നും ചെയ്യുന്നില്ല ആത്മാവിൽ നിന്ന് വേറിട്ട് അതൊന്നും നിലനിൽക്കുന്നില്ല ഇപ്പൊ തത്വം ഞാൻ കരയുന്നതോ ഇച്ചിരിയിൽ നിന്ന് അതിന് വ്യത്യാസമില്ല സന്തോഷത്തിന് സന്താപത്തിനോട് വ്യത്യാസമില്ല എന്നൊക്കം എന്തുകൊണ്ട് ആത്മത്വപകമാ അത് അജ്ഞനങ്ങനെ മനസ്സിലാകും അജ്ഞനെങ്ങനെ അത് മനസ്സിലാക്കിപ്പിക്കും അത് പ്രയാസമാണ് എന്നാലും ശ്രുതി പരമാവധി വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആത്മനി അവിദ്യ കല്പന നിമിത്താനി ദുഃഖാനി രജ്വാർപ്പാധീനിമിത്താനി കൽപ്പനയുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് രജ്ജ സർപ്പകൽപ്പനയ്ക്ക് നിമിത്തമാണ് അതുപോലെ താൻ തന്നെ സർവത്തിന് നിമിത്തമായിരിക്കുന്നു സുഖത്തിനും ദുഃഖത്തിനും സർവത്തിന് ആ നിമിത്തങ്ങൾ താൻ്റെ കാര്യമായിരിക്കും അവന്ന് തന്നെ നിന്ന് അന്യമല്ല അതുകൊണ്ടാണ് തത് സൃഷ്ടന പ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അവൻ തന്നെ അതിൽ അനുപ്രവേശം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് സൃഷ്ടിയോട് താൻ തന്നെ സൃഷ്ടിയായി മാറാൻ ശ്രമിക്കുന്നത് അഹം അമ എന്ന് താതാന്നിപ്പണു വേറെ ഒന്നല്ലോ സൃഷ്ടിക്കാൻ താൻ തന്നെയാണെങ്കിലും ഇത് പലതായി അതുകൊണ്ട് അന്യമായ സുഖതുക്കാദികളില്ല അതുകൊണ്ട് അന്യമായ സുഖ ദുഃഖാദികളുടെ താതാന്യപ്പെടുന്നില്ല അച്ഛൻ കരയുന്നതായി കാണുന്നുണ്ട് ഞാനീ കരയുന്നതായി കാണുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടുപേരും കരയുന്നുണ്ടല്ലോ അജ്ഞൻ ഈ തത്വത്തെ അറിയുന്നില്ല ഞാൻ ഈ തത്വത്തെ ഗ്രഹിക്കുന്ന ഇതാ വ്യത്യാസം അതുകൊണ്ട് എന്താ ഞാൻക്ക് ദുഃഖത്തെ സഹിക്കുന്നതിനുള്ള ശേഷി കൂടും അജ്ഞനെ അപേക്ഷിച്ച് ശേഷി എന്ന് പറയുന്നത് മനസ്സിന്റെ യോഗ്യതയാണ് എൻ്റെ തത്വജ്ഞാനമായിട്ട് ബന്ധമൊന്നുമില്ല മനസ്സിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ദുഃഖത്തെ കൂടുതൽ സഹിക്കാനുള്ള ശേഷി ഉണ്ടാവും അതുമല്ല പറയുന്നത് തത്വജ്ഞനും ദുഃഖം വന്ന കരയാൻ നിലവിളിക്കാം അജ്ഞനെ പോലെ വിലപിക്കാം ജ്ഞാനിയായത് കൊണ്ട് കൂടുതൽ ശേഷിയുണ്ട് ദുഃഖത്തെ നേരിടുന്നതിനുള്ള അങ്ങനെയൊന്നുമില്ല ശേഷി മനസ്സിന് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അതാകില്ലെങ്കിലും തത്വജ്ഞന്റെ ഹിതം എന്ന ഇവിടെ പറയുന്നത് എന്താണോ തത്വജ്ഞന് സർവത്തോടുള്ള അനന്യത അതാണ് അതിനാണ്ടശിതെന്ന് പറയുന്നത് അതുകൊണ്ട് തത്വജ്ഞൻ ഒന്നുമായും താതാന്യപ്പെടുന്നില്ല അന്യമായും ഒന്നും തന്നെ ഇല്ല ഒന്നിനോടും താതാന്വ്യപ്പെടുന്നില്ല ഇതൊക്കെ പറയുന്നത് തത്വജ്ഞന്റെ ജാഗ്രതനെ കുറിച്ചാണ് തത്വജ്ഞന്റെ ജാഗ്രതനെയാണ് ശിഷ്യൻ ആഗ്രഹിക്കുന്ന ഉപദേശത്തിന് വേണ്ടിയിട്ട് അതാണ് തത്വജ്ഞന്റെ ജാഗ്രത തത്വജ്ഞൻ ഏകനായിരിക്കുന്നുണ്ട് ആ ജാഗ്രതവും ഏകമാണ് ഏകത്വം എന്ന് പറയുമ്പം പിന്നെ അവിടെ രണ്ടില്ല തത്വജ്ഞാനം ഉണ്ടായി പിന്നീട് നശിച്ചു തത്വം ശേഷിച്ചു ഇങ്ങനെയൊക്കെ സാധാരണ പറയും അത് ഞാനെങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ് പരമാർത്ഥം അങ്ങനല്ലേ എന്തുകൊണ്ട് തത്വമേകമാണ് തത്വജ്ഞാനവും ഏകമാണ് ഉത്പത്തി വിനാശങ്ങളെല്ലാം അതെങ്ങനെ ഏകമാകും തത്വജ്ഞാനം ഉണ്ടാകുന്നു നശിക്കുന്നതല്ലേ ദുഃഖം പോലും തത്വജ്ഞനോട് ഏകീഭവിച്ചാൽ പിന്നെ ജ്ഞാനം എങ്ങനെ വേറിട്ടിരിക്കുന്നു ഇവിടെ അതല്ലേ പറയുന്നു ദുഃഖം പോലും അവിടെ അന്യമല്ല ഞാനും അന്യമല്ല ഞാനും വന്നു പോയി അങ്ങനെ ഇല്ല ഏകം ഏകമേവ അദ്വിതീയം അതാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ കലിക്കുക ചെയ്യുന്നുണ്ടോ അതല്ല ഏകമേവ അദ്വീതീയത്തിൽ സംഭവിക്കുന്നത് അതങ്ങനെ ഏകത്തിൽ പിന്നെ ഇതെല്ലാം സംഭവിക്കും അതാണല്ലോ ഇവിടെ പറയുന്നത് അവിടെ വിനിഷ്ഠനായിരുന്നു ഏകീകവിച്ചിരുന്നു രണ്ടൊന്നില്ലാതിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് അവിടെ നിന്നാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ നിന്ന് ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ഇതിനെല്ലാം പറയുന്ന സമാധാനത്തിന് ദുഃഖത്തിനും ജ്ഞാനത്തിനും എല്ലാം പറയുന്നുതിക്ക് മാറ്റമില്ലാതെ ഇതെല്ലാം സംഭവിക്കുന്നു എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ തുരിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഏകനായി തന്നെ അറിയുന്നു തന്നെ സത്തായി തന്നെ അറിയുന്നു തന്നെ ആനന്ദമായി തന്നെ അറിയുന്നു ഇതിന് മാറ്റം സംഭവിക്കാത്തത് കൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നാൽ മാറ്റത്തെ കൽപ്പനകൾ ഉണ്ട് താൻ ആ കൽപ്പനകളോ അതിനോ ഇവിടെ പറഞ്ഞെന്താണ് അവിദ്യ കൽപ്പനാ നിമിത്താനി സർപ്പാദീനി കൽപ്പന നിമിത്താനി സാച അവിദ്യ ശരീര മേഘത്വ സ്വരൂപ ദർശനേന ദുഃഖനിമിത്തോ ചിന്നേദി സാച വിദ്യ അതങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ജ്ഞാനത്തിന്റെ ആവശ്യം വന്നു അവിദ്യ എന്ന് പേര് ഇതില്ലാത്തത് പ്രകാശത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാത്ത ശരീരാത്മ ഏകത്വ സ്വരൂപ അശരീരാത്മ ഏകത്വ സ്വരൂപ ദർശന അതാണ് ജ്ഞാനം വിവേകം ജാഗ്രത്തിലെ വിവേകം ഏകത്വ ബോധം ഏകമായ ബോധം സർവാത്മ താതാത്മ്യം എന്നെല്ലാം പറയുന്നു അതുകൊണ്ട് ആ വിദ്യ ദുഃഖനിമിത്തം അതാണ് ദുഃഖത്തിന് നിമിത്തമായത് അത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചത് ഞാൻ കരുതുന്നു ഇതെല്ലാം എന്താണ് തൻ്റെ ഇഷ്ടങ്ങളാണ് തൻ്റെ കൽപ്പനകളാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ദുഃഖ നിമിത്ത അവിദ്യ ഉച്ഛന്ന നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് ദുഃഖസംബന്ധ ആശങ്ക അവിടെ തത്വജ്ഞനം ദുഃഖസംബന്ധം ശങ്കിക്കേണ്ട കാര്യമില്ല അവിടെ ദുഃഖസംബന്ധമില്ല മരുഭൂമിയെ മരുഭൂമിയിൽ മരീചികം നനയ്ക്കുന്നില്ല ഇത് പറയും അത് പ്രതീതമാകുന്നുണ്ടല്ലോ ആർക്ക് പ്രതീതമാകുന്നു മരുഭൂമിക്കാണോ അല്ല നനക്ക് പ്രതീതമാകുന്നു നീ അവിടെ ജലത്തെ കാണുന്നു നീ കാണുന്നത് കൊണ്ട് തന്നെ എന്താണ് ആ ജലത്തിന് മരുഭൂമിയെ നനയ്ക്കാൻ കഴിയില്ല മരുഭൂമിയെ സംബന്ധിച്ച് അവിടെ ജലമില്ല എന്നാലും എന്റെ പ്രതീതം ഉണ്ടല്ലോ എന്ന് പറയുന്നതിനാണ് ഞാനൊന്നു പറയുന്നത് ഇനി അജ്ഞാനത്തിന് പരിഹാരമാണോ ചോദിക്കുന്നത് നിന്റെ ചോദ്യത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ പരിഹാരമാണ് ഞാനീ എന്തുകൊണ്ട് കരയുന്നു അതിൻ്റെ സമാധാനം എന്ന് പറയുന്നത് നിന്റെ അജ്ഞാനത്തിന്റെ പരിഹാരമാണ് നിന്റെ അജ്ഞാനത്തെ പരിഹരിച്ചാൽ ആ ആ ചോദ്യം പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ അതൊരു പ്രഹേളിക പോലെ തോന്നുന്നു സ്വയം സർവത്താതാത്മ്യത്തിലിരിക്കുന്നു ദുഃഖത്തോടും സുഖത്തോടും എല്ലാം താദാരിക്കുന്നു അപ്പം സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ തത്വജ്ഞൻ മുക്തനാണെന്ന് പറയുന്നു പക്ഷേ ദുഃഖിക്കുന്നതായി കാണുന്നു ഈ ചോദ്യം ഈ ചോദ്യങ്ങളുടെ മറുപടി എന്ന് പറയുന്നത് ചോദ്യകർത്താവിൻ്റെ അജ്ഞാനനാശമാണ് ആ സംഭവിക്കാതെ എങ്ങനെ ഇതിന് മറുപടി കിട്ടുക എങ്ങനെ വിളിവുണ്ടാകും അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരുന്നത് അതിന് മറുപടി പറയാനാണ് കൂടെ ശ്രമിക്കുന്നത് ദുഃഖസംബന്ധ ആശങ്ക എന്ന സംഭവം ഇതോടെ ദുഃഖസംബന്ധത്തെ ശങ്കിക്കേണ്ട കാര്യമേയില്ല ദുഃഖസംബന്ധമില്ല തത്വജ്ഞൻ അശരീരിയാണ് പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ട് ജ്ഞാനബലം കൊണ്ട് പ്രസഹൃത്തിയും ജാഗ്രതയും നമ്മളെ വ്യത്യാസത്തെ പറയുകയാണ് തത്വജ്ഞാനത്തിൻ്റെ നിലയിൽ സുഹത്തിൽ എല്ലാം നഷ്ടമായി ഒന്നുമില്ലാതെയായി എന്നാണിവിടെ ഇന്ദ്രൻ വില വിലപിക്കുന്നത് എന്താ എൻ്റെ താല്പര്യം ഏകത്വത്തിൽ നാനാത്വം നഷ്ടമായ അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ വിലപിക്കത്തില്ലായിരുന്നു അതിങ്ങനെ നഷ്ടപ്പെടുന്നു വിവേകം കൊണ്ട് ആ വിവേകം കൊണ്ട് ജാഗ്രത നഷ്ടപ്പെട്ടാൽ പിന്നെ സുഷൃത്തയെക്കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല എല്ലാം അവിടെ പോയല്ലോ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ല ജാഗ്രത സംഭവിക്കണം വിവേകം കൊണ്ട് സംഭവിക്കണം ദുഃഖസംബന്ധാശങ്ക എന്ന സംഭവത്തി എന്നെ ശേഷിക്കുന്നതാണ് എങ്ങനെ ഞാനിവിടെ വ്യവഹാരം സംഭവിക്കുന്നു എന്നെല്ലാം ചോദിക്കും സർവത്വത്തോടും താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കാം ശിഷ്യനോടും താതാത്മ്യപ്പെട്ടില്ലേ അപ്പം ശിഷ്യനും ഗുരുവും തമ്മിൽ വേറെയില്ല അപ്പം ഗുരുവിനെ സംബന്ധിച്ച് അജ്ഞനില്ലല്ലോ അന്യനില്ലല്ലോ എന്നെങ്ങനെ ഉപദേശിക്കും ഇതെല്ലാം ഉള്ള സമാധാനമാണ് ഈ പറയുന്നത് അങ്ങനെയാണോ തത്വജ്ഞനും ദുഃഖസംബന്ധമില്ലാത്തത് അതുപോലെ സർവത്തെയും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് സ്വന്തം അജ്ഞാനമാണ് അതിന് പരിഹാരം ഉണ്ടാവണം ചുരുക്കത്തിൽ എന്താണ് ആ ദുഃഖസംബന്ധമില്ലായ്മ എന്ന് പറയുന്നത് തത്വജ്ഞനൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല പിന്നെ അതെവിടെ മനസ്സിലാക്കണം തന്നിൽ മനസ്സിലാക്കണം ദുഃഖസംബന്ധമില്ലായ്മ വേറൊരാളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വൈഷ്യമെമ്പര ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ഒരിക്കലും ജ്ഞാനിയെ പഠിക്കാൻ ശ്രമിക്കരുത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതേയുള്ളൂ ജ്ഞാനിയിൽ ഇതൊക്കെ ഗ്രഹിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ജ്ഞാനി പിന്നെ അവിടെ ഒരു ജ്ഞാനം അങ്ങനെ പോകും കല്പനകൾ സമാധാനം ഉണ്ടാകത്തില്ല കാരണം എന്തുകൊണ്ട് തന്നെ അന്യമായി ഒന്നാണ് ജ്ഞാനി അന്യത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ദുഃഖം നിർത്തി കുടുത്തി ചിന്തിക്കുന്നത് െനിക്ക് ഇഷ്ടമായിരിക്കുന്നു അത് നടക്കുന്ന കാര്യമില്ല ഒരിക്കലും അത് ബോധ്യപ്പെടുത്തില്ല അന്യത്വം ബോധമില്ലാതായാൽ ആ സ്വയം ജ്ഞാനിയായി അവിടെ ദുഃഖം വരുത്തിയാണ് പിന്നെ ബോധിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ പറയുന്നത് യുക്തികളുണ്ടും പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് എന്നാലും എന്നിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ പരാതി എന്താ ആഗ്രഹിക്കുന്നത് അന്യനിൽ സംഭവിക്കുന്നത് തന്നിൽ വരാൻ ആഗ്രഹിക്കുന്നു ഞാനിയിൽ സംഭവിക്കുന്നത് തന്നിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംഭവിക്കത്തില്ല അവിടെയെല്ലാം എന്താണ് ആ കൽപ്പനകൾ ഭാവനകളെല്ലാം ഭേദത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രപ്രക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷ്യകാലം പറയും എന്താണ് ഇതൊന്നും ഞാനീ മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ കരയുന്നോ ചിരിക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് തത്വജ്ഞന ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് തന്നെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തത്വജ്ഞൻ താൻ തന്നെയാണ് തന്റെ അജ്ഞാന നിവൃത്തിക്ക് വേണ്ടിയിട്ടാണത് അതുകൊണ്ട് ഞാനീ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശുദ്ധ സംബന്ധമാണ് ചോദ്യം അസംബന്ധമാണെങ്കിൽ ഇങ്ങനെ ഉത്തരം അസംബന്ധം അല്ലാതാകും അല്ലാതെ കുറിച്ച് പറയുന്ന ഉത്തരങ്ങളും അസംബന്ധമാണ് ആത്യന്തികമായി തന്നെ സംബന്ധിച്ചാണ് അതുകൊണ്ട് ദുഃഖസംബന്ധ ആശങ്ക എന്ന സംഭവതി ആ ദുഃഖ സംബന്ധമൊന്നും ആശിക്കേണ്ട കാര്യമില്ല തന്നിലേക്ക് വരിക ജ്ഞാനിയോ അജ്ഞാനിയെല്ലാം വിട്ടിട്ട് ഇവിടെ തന്നിൽ പറഞ്ഞു തന്നിൻ്റെ വിവേകത്തെ കണ്ടെത്തണം തന്നിന് വിവേകം പ്രകാശിക്കണം അതാണ് ഇന്ദ്രനിൽ ആ ബോധം പ്രകാശിക്കുന്നതിന് വേണ്ടിയാണ് ഉപദേശിക്കുന്നത് ഇന്ദ്രൻ പ്രജാപതിയെ നോക്കി ബോധത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധസത്വസങ്കല്പനിമിത്ത ഈശ്വരദേഹസംബന്ധൂർ ഭോക്തരിവൃതസം്യവഹാരാണത്മാസ്പോസ് വേദാന്ത സിദ്ധാന്ത ജ്ഞാനൻ ജ്ഞാനി അജ്ഞാനി ജ്ഞാനം അജ്ഞാനം ഇങ്ങനെയൊക്കെ എന്തിനാണ് വേർതിരിക്കുന്നത് ഏകമേവ അദ്വിതീയോ എന്നതാണ് പരമാർത്ഥി അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ലല്ലോ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശുദ്ധ സത്വ സങ്കല്പ നിമിത്താനം ദുഃഖാമാന അവിടെ പറയുന്നു സഗുണോപാസകൻ കാമങ്ങളെയൊക്കെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു സൗണോപാസകൻ തന്റെ ഉപാസനയിലൂടെ തന്റെ അന്ധകനത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജ്ഞാനം കാമം ഇച്ഛ യത്നം എല്ലാം സാത്വികമായിരിക്കും അപ്പൊ പറയുന്നില്ലേ ഇത് ഉറക്കം പോലെയല്ല ഇത് ഉറക്കമാണെന്ന് പറയുന്നു ഇത് ഉറക്കം പോലെയല്ല ജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം അതുണ്ടാകുന്നില്ല മഹാത്മാക്കളെ കാണുന്നു എന്താണ് സർവ്വ ഐശ്വര്യ യുക്തരായ ആൾക്കാരെ കാണുന്നുണ്ട് തനിക്കും അതുപോലെയുള്ള സർവ്വൈശ്വര്യങ്ങളൊക്കെ ജ്ഞാനം അജ്ഞാനം ഇതൊക്കെ പോട്ടെ ഇതറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നാ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും പക്ഷെ സർവ്വൈശ്വര്യ യോഗം അതിനെന്താ വഴി അതുപറയുന്നത് ശുദ്ധസത്വം ത്യാർജിച്ചാൽ അതെല്ലാം സംഭവിക്കും അപ്പോൾ അവരിൽ അങ്ങനെ ഐശ്വര്യ യോഗങ്ങൾ കാണാം അവിടെയും എന്താണ് പരേവ സർവസത്വോപാധിദ്വാരേണം ഭോക്ത ഇവിടെ സർവൈശ്വര്യ യുക്തനായിരിക്കുന്ന യോഗിയും മറ്റും അവിടെയും ആ പരമാത്മാവ് തന്നെ സർവ അവിദ്യാകൃത സംവ്യവഹാരമാണ് ഇവിടെ താൻ ഇതെല്ലാം സ്വപ്നം കാണുന്ന താൻ തന്നെ നടക്കുന്ന സർവവിദ്യാകൃത വ്യവഹാരങ്ങൾ ഇവിടെയും പരയവ ആത്മാ ആസ്പദം അതിലും പരമമായ ആത്മാവ് ഒന്ന് തന്നെ ഇതിനെല്ലാം ആസ്പദമായിരുന്നു വിഭൂതികളാണ് ഒന്ന് സർവൈശ്വര്യ യുക്തനായ യോഗിയായും മറ്റൊന്ന് അജ്ഞനായും ഇരിക്കുന്ന എല്ലാം നടക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് എന്നാൽ അന്യസ്തി അതിനാൽ വേറെ ഇവിടെ ആസ്പദമില്ല ഒന്നിൽ തന്നെയാണ് ജാഗ്രത സ്വപ്ന സുഹൃത്തികൾ നടക്കുന്നത് ഒന്നിൽ തന്നെയാണ് അതാലവിടെ ഉറപ്പിക്കുന്നത് ആ ഏകത്വത്തെ ഗ്രഹിക്കാൻ പറയണം ആ ഏകത്വത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് അവിടെ ദുഃഖ സംബന്ധമില്ല പ്രിയപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല അത് ഏതേതെല്ലാം ചിന്തിച്ചു പോയാൽ അവിടെ തന്നെ എത്തിച്ചേരുന്നു ഇത് വേദാന്ത സിദ്ധാന്തം ഇതാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നതിന് താല്പര്യം എങ്ങനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാതിരിക്കുന്നു പ്രിയാപ്രിയങ്ങൾ സത്യമാണ് വാസ്തവമാണെന്ന് കരുതുന്നവൻ്റെ മനസ്സിൽ നിന്നാണ് ഈ ചോദ്യം അവന്റെ മനസ്സ് മാറാതെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ അവന് കിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നിൽ വെളിപ്പെടാതെ മറ്റൊരാളിൽ ഇതിന് സമാധാനം കണ്ടെത്തിയിട്ട് എന്താ കാര്യം ഞാനീ പ്രശ്നങ്ങൾ ആരോപിച്ച് ഞാനീടെ പ്രശ്നങ്ങൾക്ക് ഞാനീ സമാധാനം കണ്ടെത്തിയിട്ട് തനിക്കെന്താകണം തൻ്റെ പ്രശ്നങ്ങൾക്ക് തന്നിലല്ലേ സമാധാനം കണ്ടെത്തേണ്ടത് ഞാൻക്ക് ദുഃഖസ്പർശമുണ്ടോ സുഖസ്പർശമുണ്ടോ ഞാൻ ദുഃഖത്തോട് താമ്യപ്പെട്ടാൽ ഞാൻ ദുഃഖിയാകത്തു ഇത്തരം ആശങ്കകളും വേറൊരാളിൽ പുലർത്തിയാൽ അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠമായിട്ട് ഗ്രഹിക്കാനാണ് പറയുന്നത് തന്നിൽ മനസ്സിലാവുക തന്നിലത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ജ്ഞാനിയിൽ അതൊരിക്കലും മനസ്സിലാകത്തില്ല എങ്ങനെ ദുഃഖം ബാധിക്കാതിരിക്കുക അതൊരിക്കലും പിടികിട്ടത്തില്ല കാരണം അവിടെ അന്യനാണ് തത്വജ്ഞാനി അന്യൻ്റെ ഉള്ളിൽ തനിക്കെങ്ങനെ പിടികിട്ടും പക്ഷെ തൻ്റെ ഉള്ളു തന്നിൽ എങ്ങനെ ദുഃഖം ബാധിക്കാതിരിക്കുന്നു എന്നുള്ള എളുപ്പം മനസ്സിലാകും എന്തുകൊണ്ട് താൻ ആത്മസ്വരൂപനാണോ തന്നിൽ നന്യമായി ഒന്നുമില്ല അപ്പോ തന്നിലിങ്ങനെ ദുഃഖ സംബന്ധമുണ്ടാവും അന്യമായി ഒന്നുമില്ലെങ്കിൽ അന്യത്വബോധം ഇല്ലെങ്കിൽ പിന്നെ ദുഃഖ സംബന്ധമില്ലല്ലോ ദുഃഖം എന്ന് പറയും നന്യമൊന്നുമില്ലല്ലോ അപ്പൊ ഈ ഒരു കഴിഞ്ഞാൽ അവന് ദുഃഖ സംബന്ധമില്ല പിന്നെ ദുഃഖം കാണുന്നില്ലേ അനുഭവിക്കുന്നില്ലേ കരയുന്നില്ലേ േ അത് തന്നെ സംബന്ധിച്ചല്ല മറ്റുള്ളവരെ സംബന്ധിച്ച പറയുന്നത് തന്നിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവനില്ല കരയുന്നവനും ചിരിക്കുന്നവനും ഇല്ല തന്നിൽ നിന്ന് അന്യമായിട്ട് അതില്ല അവിടെ ദുഃഖസംബന്ധത്തിന്റെ ആശങ്കയും തന്നെ സംബന്ധിച്ച് ഉള്ള ആശങ്കകൾ തന്നിൽ നിന്ന് മാറുക അതാണ് ഇതിന്റെ പ്രയോജനം മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അല്ല അപ്പം തത്വജ്ഞാനെക്കുറിച്ച് വേവലപ്പെടേണ്ട ഗുരുവിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഗുരു ഇതൊക്കെ ഇങ്ങനെ സഹിക്കും ഗുരുവിനൊരുപാട് ഭാരമാണല്ലോ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല തന്നെ കുറിച്ച് വ്യാകുലപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിമാത്രം ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനീ ദുഃഖ സംബന്ധം അത്തരം ആശങ്കകളൊന്നും കാര്യമില്ല ഇവിടെ പറയുന്ന സർവാത്മഭാവത്തെക്കുറിച്ചാണ് അത് തന്നിൽ ഗ്രഹിക്കുക അപ്പം മനസ്സിലാവും തന്നിൽ ദുഃഖ സംബന്ധമില്ല പിന്നെ ചോദ്യമില്ല സമാധാനവും ആവശ്യം വരുന്നില്ല ഇതാണ് അദ്വൈത സിദ്ധാന്തം എന്ന അന്യോ അസ്ഥി അന്യത്വത്വം നിഷേധിക്കുന്നത് കൊണ്ടുവരുന്ന ദുഃഖ നിവൃത്തി ഇതാണ് വേദാന്ത അദ്വൈത സിദ്ധാന്തം അതിനു വേണ്ടിയിട്ടാണ് പ്രജാപതി എന്താ പറഞ്ഞ യേശോ അക്ഷിണി പുരുഷോ ദൃശ്യ ഛയാപുരുഷേവ പ്രജാപതിനാത ആദ്യം പ്രജാപതി ആ ഛായാപുരുഷനെ കുറിച്ച് പറഞ്ഞു സ്വപ്ന കേട്ടുകഴിഞ്ഞപ്പോൾ ഒരാളുടെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പറയണം ആദ്യം പറഞ്ഞ് ഛായാപുരുഷനെ കുറിച്ച് അത് കഴിഞ്ഞു സ്വപ്നൻ കാണുന്നതിനെക്കുറിച്ച് സുഷുപ്തനെക്കുറിച്ച് പറഞ്ഞു അത് ഛായാപുരുഷനല്ലോ പ്രതിയുമ്പോ അല്ലല്ലോ അങ്ങനെ ആയിക്കൂടെ എന്നാ പരുവാപഹത്ത പാത്മത്വാദിരക്ഷണോ വിരോധാതിഥി കേസിൽ ചിലരങ്ങനെ കരുതാം ഇവിടെ ഛായാപുരുഷനെ കുറിച്ച് പറഞ്ഞു സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു സുഹൃപ്തി ഉറങ്ങുന്നവനെ കുറിച്ച് പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ ആ പരമാത്മാവ് ഇതാണോ ഇത്ര നിസാരനാണോ പരമാത്മാവ് ഈ ആത്മാഅബദാത്മാ എന്ന് പറഞ്ഞത് പരമാത്മാവ് ഏത് ഇതേ ഇത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചിലര് ധരിച്ചിരിക്കുന്നു എത്രയൊക്കെ ആയാലും ഈ സ്വപ്നം കാണുന്നവനാണോ പരമാത്മാവ് സുഷുപ്തനാണോ പരമാത്മാവ് ഇങ്ങനെ ഛായാധ്യാത്മനാ എച്ച് ഉപദേശേ പ്രയോജനമാചക്ഷത അവര് ആര് എന്ത് സിദ്ധാന്തം പറഞ്ഞാലും അവര് പറയുന്നതിനൊക്കെ ഓരോ യുക്തിയും കാണും പലതരത്തിലും ഇതിനെ കുറിച്ച് ചിന്തിക്കാം ഉള്ള യുക്തികളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഛായാധ്യാത്മനാ എപദേശിത് ഈ പറയുന്നത് ഈ അദ്വൈതികളിൽ തന്നെ പല പക്ഷക്കാരുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഈ അദ്വൈതികളെന്ന് പറയുന്നതന്നെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരില്ല ഒരുപോലെ ചിന്തിക്കാൻ കഴിയത്തില്ല അതിൽ അദ്വൈതി എങ്ങനെയാ ചിന്തിക്കേണ്ടതെന്നാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് സ്വയം അദ്വൈതി എന്ന് കരുതുന്നവർ പലതും ചിന്തിക്കുന്നുണ്ട് അദ്വൈതം വേഗമാണ് ഒരു ചിന്ത പലതാണല്ലോ ദ്വൈതത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവർ ചിന്തിക്കുന്ന പല ചിന്തകളും അവനെ ദ്വൈതത്തിലേ എത്തിക്കത്തുള്ളൂ അത് സംഭവിക്കാതിരിക്കാനാണ് ഭാഷകാരം പറയുന്നത് അവര് ഇങ്ങനെയൊക്കെ പറയുന്നു ആദ്യം ഇത് ഛായാത്മാ പ്രതിബിംബമാണെന്ന് പറഞ്ഞു പിന്നെ സ്വപ്നം കാണുന്നവന സുഹൃത്തനെന്ന് പറഞ്ഞു പിന്നീട് പല നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ ഛായാത്മാ അത് ജാഗ്രതയുടെ കാര്യം പറയുകയാണ് പിന്നെ സ്വപ്നം കാണുന്നവൻ പിന്നെ ഉറക്കം പിന്നെ നാലാമതൊരുവൻ പരൻ തുരിയൻ അങ്ങനെ പറയുന്നവരുണ്ട് നാലാമത്തെ ഒരുവൻ ഈ മൂന്നിനും അപ്പുറം നിൽക്കുന്നവരും ആ പക്ഷത്തവിടെ നിഷേധിക്കുകയാണ് അക്ഷിപുരുഷനല്ല സ്വപ്നം കാണുന്നവനല്ല സുഷുതനല്ല പിന്നെ പരഹ അവനാണ് അപഹത പാത്മാധീഷ്ണൻ അവനാണ് തുര്യൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് പറയുന്നു വിരോധ ഇതൊന്നും ആകാൻ വഴിയില്ലല്ലോ എന്താ സ്വപ്നം കാണുന്ന ഞാനാണോ തുര്യൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എനിക്കൊന്നും നേരേണ്ട കാര്യമില്ലല്ലോ ഉറങ്ങുന്ന ഞാനാണോ ജാഗ്രത കാണുന്ന ഞാനാണ് ഇതൊന്നും അല്ലെങ്കിൽ അപ്പുറമുള്ളതൊന്നുണ്ട് അതാണ് പരൻ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രജാപതി എന്തിനു ഉപദേശിച്ചു പ്രജാപതി പറയുന്നത് എന്താണ് ഒന്നിനെ തന്നെ ആവർത്തിക്കേ ഞാൻ ആരാണെന്ന് ചോദിച്ച് പറഞ്ഞു നീ ഛായാത്മാവാണ് വീണ്ടും ചോദിച്ചത് എന്താണ് ഞാൻ ആരാണ് ആ പഹത്ത പത്മാതി ഉള്ളത് നീ സ്വപ്നം കാണുന്നതാണ് വീണ്ടും ആരാണോ നീ ഉറങ്ങുന്നവനാണ് പ്രജപതി ഒരാളെ തന്നെ പറയും അതെന്താ അങ്ങനെ പറയുന്നത് പരൻ വേറെയാണല്ലോ ഭരണേന്തിന് ഈ ക്രമത്തിന് ഇങ്ങനെ ഉപദേശിച്ചു അതിനും അവർ സമാനം പറയുന്നു ആദാ വ്യവുച്ഛ്യമന ദുർവിജ്ഞാത്മനോ അത്യന്ത ബാഹ്യവിഷയസക്ത ചേതസ്സോ അത്യന്ത സൂക്ഷ്മോ മാ ഭൂതീ നേരിട്ടാദ്യം അങ്ങ് പറയു നിന്ന് പറയുന്നു ഇതിനൊന്നും പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്വൈതികളിൽ ചിലര് പറയുന്ന ഭാഗം പറയുന്നു അങ്ങനെ ചിന്തിക്കുക അദ്വൈതികളിൽ ചിലരെന്ന് പറയുന്നത് ഇതെല്ലാം ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവൻ്റെ ചിന്തകളാണ് അദ്വൈത ഗ്രഹിക്കുന്നവൻ അദ്വൈതത്തെ ഗ്രഹിക്കുന്നവരാരും ഇല്ല അദ്വൈതത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവരേ ഉള്ളൂ അതുപോലെ ചെലവ് പറയുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയും പോലെയാണ് ധ്യാനിക്കുന്നവരാരും ഇല്ല ധ്യാനിക്കാൻ ശ്രമിക്കുന്നവരേ ഉള്ളൂ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ധ്യാനമാവും അവരാണ് അദ്വൈതത്തെ ഗ്രഹിക്കുന്നവരല്ല ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് പലതരത്തിലുള്ള ചിന്തകളും വരും അദ്വൈതത്തിൽ തന്നെ വരും മികൽ അതാണ് ഇവിടെ പറയുന്നത് അവർ പറയുന്നു ആദ്യം തന്നെ നേരിട്ടങ്ങ് പറയുന്നത് നീ പരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തുര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് പരസ്യാത്മനുരിനെ ഗ്രഹിക്കാൻ പ്രയാസമാണ് അത്യന്താഹ്യം മനസ്സെന്ന് പറയുന്ന ബാഹ്യവശയങ്ങളിൽ ആസക്തമാണ് ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടുതന്നെ നേതാഗില ദ് സൂക്ഷ്മൻ ചന്ദ്ര ദർശയ വൃക്ഷം കഞ്ചിത്ത് പ്രത്യക്ഷമാതവ ദർശയി പശ്യാമും അതിന് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നതുപോലെ ദ് ഇതിൽ എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രൻ്റെ ഒരു ചെറിയൊരു കല മാത്രമേ ഉള്ളൂ സൂക്ഷിക്കുക നോക്കി കാണുന്ന ചന്ദ്രൻ്റെ കലയെ വേണ്ടി ആദ്യം പക്ഷത്തെ കാണിക്കുന്നു പശ്യഅമം യേശുചന്ദ്രദാത അവിടെ ചന്ദ്രൻ തത്വന്യം പിന്നെ അതിൻ്റെ അടുത്തുള്ള മറ്റൊന്ന് പിന്നെ തതുവന്യം അവസാനം ഗിരിമൂർധാനം പർവതത്തിൻ്റെ ആ കാണിക്കുന്നു ചന്ദ്രസമീപസ്ഥം യേശന്ദ്രൻ ഇത് എന്നിട്ട് പറയുന്നതാ അതാണ് ചന്ദ്രൻ ആ കൊടുമ്പുടി നോക്കാൻ പറയും ചന്ദ്രനെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ചന്ദ്രനെ നോക്കാൻ പറയാൻ പറ്റത്തില്ല കാണേണ്ടത് ചന്ദ്രനാണ് അതുകൊണ്ട് പറയും ആ പർവ്വതത്തിന്റെ ശിഖരത്തെ നോക്കുന്നു പറയും അതിന്റെ അറ്റം നോക്കാൻ പറയും കൊടിമുടിയെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു തത് അസുഖം പശിരി അത് ചന്ദ്രൻ ദൂരെ കാണുന്നു ആ ചന്ദ്രനെ കണ്ടു അതുവരെ കാണാതിരുന്ന ചന്ദ്രനെ അപ്പൊ ചന്ദ്രനെ കാണാൻ വേണ്ടി ചന്ദ്രനെ നോക്കിയിട്ട് കാര്യമില്ല കാരണം ചന്ദ്രനെ കാണാതെ നോക്കാൻ പറ്റൂ അപ്പൊ ചന്ദ്രനെ കാണുമെന്നുണ്ടെങ്കിലും നോക്കുന്ന എവിടെയാണ് ചിലപ്പോൾ വിരൽ തുമ്പി തുടങ്ങുന്നു അല്ലെങ്കിൽ മരത്തിന്റെ ചില്ലയിൽ തുടങ്ങും അവസാനം പർവ്വത ശിഖരത്തെ നോക്കുമ്പോഴാണ് ചന്ദ്രനെ കാണുന്നത് അതുപോലെ പരൻ തുര്യനെ നേരിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഛായാത്മാവെന്ന് പറഞ്ഞു സ്വപ്നം പറഞ്ഞു സുഹൃത്തനെന്ന് പറഞ്ഞു ഇതിൽ നിന്നൊക്കെ ഇനിയൊരു തുര്യനെ ബോധിപ്പിക്കുകയാണ് ഇങ്ങനെ ചിലട്ട് പറയുന്നു യേശു അക്ഷിണി ഇത്യാവിതം പ്രജാപതിനാഥി പരിയായി എന്ന അതുകൊണ്ട് ആദ്യമക്ഷി പുരുഷനെന്ന് പറഞ്ഞത് വേറൊരാളാണ് സ്വപ്നം അത് വേറൊന്നാണ് സുഷൃത്തി അത് വേറൊന്നാണ് തുര്യനൊക്കെ അപ്പുറമാണ് നാലാമത്തെ പരൻ ചതുർത്ഥിയത് വര്യായി അതിനാണ് ചതുർത്ഥൊന്നും പറഞ്ഞ ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ തുര്യൻ എന്ന് പറഞ്ഞത് ദേഹാന് മൃത്യ സമുദ്ധായ ശരീരതമാപന്നോ ജ്യോതി അങ്ങനെ പറയും ഈ ദേഹമെല്ലാം വിട്ട ആ ജ്യോതിസ്വരൂപം തുരീയസ്വരൂപം അങ്ങനെ വെളിപ്പെടുത്തുന്നു യശ്മിൻ ഉത്തമ പുരുഷേ സ്ത്രീധിപര് രക്ഷൻ ക്രീഡൻ രൂപമാണോ ബോധി ആ പുരുഷനെ പറയുന്നത് ആ സഗുണവിദ്യ സഗുണോപാസകൻ അങ്ങനെയുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിക്കുന്നു എന്നു പറയുന്നത് അത് ഈ സ്വപ്നം കാണുന്നവനെ ഉറങ്ങുന്നവനെ ഒന്നും സാധാരണ പറയാറുണ്ടല്ലോ ഇങ്ങനെ ഉറങ്ങുന്നവനാണ് ആലോ അതല്ല തുരിയൻ എന്നു പറഞ്ഞ ഭാഷ പറയുന്നത് സത്യം നിങ്ങൾ പറഞ്ഞതിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് രമണീയ താവതിയം വ്യാഖ്യാസ്രോതും നിങ്ങളുടെ വ്യാഖ്യാനം കേൾക്കാൻ വളരെ രസമുള്ള കാര്യമാണ് പക്ഷെ അത് കഴമ്പൊന്നുമില്ല എന്നാത്തു അർത്ഥവാസ്യ ഗ്രന്ഥ സേവം ഭൂമതി പക്ഷേ ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നതല്ല ശ്രുതി പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല പ്രജാപതി ഉപദേശിക്കുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ പറയുന്നതല്ല വ്യാഗ്രഹ സ്വപ്ന കടന്നുപോയി അവസാനത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ചതുർത്ഥനായ ഒരു പരൻ തുര്യൻ അതിനെ കുറിച്ചൊന്നും എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പോകുന്നത് എന്താണ് കഥം എങ്ങനെ വരുന്ന അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞവൻ ഏവനെയാണോ ബോധിപ്പിച്ചത് അത് തന്നെ തുര്യം സ്വപ്നസ്ഥൻ എന്ന് പറഞ്ഞപ്പോ ആരെ ബോധിപ്പിച്ചോ അതാണ് തുര്യം സുഷുപ്തി എന്ന് പറഞ്ഞപ്പോൾ ആരെ ബോധിപ്പിച്ചോ അത് തന്നെ തുര്യം അവനെ മറികടന്ന് പോകാൻ വയ്യ എന്നാ പിന്നെ അവനെ നാലാമനെന്ന് പറഞ്ഞു ചതുർത്ഥമെന്ന് മൂന്നിനും ആധാരമായിരിക്കുന്നവൻ നാലാമൻ അതുകൊണ്ട് മൂന്നിനെയും ഉൾക്കൊള്ളുന്നവൻ എന്താണ് അവൻ നാലാമനാണ് മറ്റേത് ചെയ്തു ഇവിടെ ഓരോന്നിനും വേറെ വേറെ ജാഗ്രത വേറെ സ്വപ്നം വേറെ സുഹൃത്തി വേണം ഇങ്ങനെയല്ലേ അനുഭവം ജാഗ്രത സ്വപ്നമെന്നോ സ്വപ്നം ജാഗ്രതെന്നോ അങ്ങനെ അനുഭവം ഉണ്ടാവില്ല ഇവിടെ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് അനുഭവം ഈ അനുഭവം എങ്ങനെ ഏകം അദ്വനിയോഗം സംഭവിക്കും അപ്പോൾ ഈ മൂന്നിനും ആധാരമായിരിക്കുന്നത് മൂന്നിനെ ഒന്നാകുന്നത് അതുകൊണ്ടാണ് ചതുർത്ഥം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഈ മൂന്നിനെ കുറിച്ചുള്ള ബോധം ഇപ്പോൾ ഉണ്ട് ഈ മൂന്നിനെ കുറിച്ചുള്ള ഈ ബോധത്തിന് തെളിയാത്തത് അത് നാലാമത്തത് എന്ന് പറയും എന്നാണ് അടുത്ത് ഇനി വിശദീകരിക്കുന്നത് ശരി ഓ സന്ദി സന്ത ഓ